ഇനി ദുഃഖമുണ്ടെന്ന് വിചാരിച്ചുവിടത്തെ ചെറിയ ചെറിയ സുഖങ്ങൾ ഉപേക്ഷിച്ചാലും സ്വർഗം പോലെയുള്ള സുഖം പരമസുഖമാണ് അതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും അതിനെങ്ങനെ വൈരാഗ്യം ഉണ്ടാകും തസ്യവിനാശിത്വ സ്വർഗസുഖം എന്ന് പറയുന്നത് നിത്യസുഖമാണ് അതാരും ഉപേക്ഷിക്കത്തില്ല എന്നുവെച്ചാൽ പഴയകാലത്തെ വിശ്വാസം വേദത്തിലുള്ള വിശ്വാസം മനുഷ്യർക്ക് വളരെ കൂടുതലായിരിക്കും വേദത്തിൽ പറയുന്നു സ്വർഗ സത്യമാണെന്നാണ് അവര് വിശ്വസിച്ചത് നിത്യമായ അതൊക്കെ മനുഷ്യനെങ്ങനെ ഉപേക്ഷിക്കും എന്നൊന്നാണ് അപ്പൊ അത് ഉപേക്ഷിക്കാൻ വൈരാഗ്യം ഉണ്ടാകത്തില്ല വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെങ്കിലും പരമ ജിന്യാസം ആ ഭൂരിപക്ഷമാണ് ശ്രൂയദേഹി അപാമ സോമം അമൃത ശതപഥബ്രാഹ്മണത്തിൽ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് സോമം അപാമ സോമ രസം കുടിച്ചിട്ട് അമൃത അഭൂമ അമൃതത്വ പ്രാപിച്ച് സോമനത്ത വേടിച്ച് പിഴിഞ്ഞ് അതിന്റെ രസമെടുത്ത് അത് ദേവന്മാർക്ക് അർപ്പിച്ച് അത് കുറച്ച് കുടിക്കുക എന്നൊക്കെ പറയുന്നത് സോമയാഗത്തിന്റെ ഒരു ഭാഗമാണ് സോമയാഗം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗ്ഗത്ത് പോവാ അപ്പോ സോമയാഗം നടത്തുന്നവര് ദേവന്മാർക്ക് സോമരസം അർപ്പിക്കുക മാത്രമല്ല കുറച്ച് കുടിക്കുകയും ചെയ്യും അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നു സോമരസം കുടിച്ചതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം സോമയാഗം നടത്തിയത് എന്നിട്ടവര് അമൃതന്മാരായി സ്വർഗ്ഗത്ത് പോയി നിത്യമായ സുഖത്തെ അനുഭവിക്കുന്നു വേദം തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ വേദത്തെ വിശ്വസിക്കുന്ന ആൾക്കാർ എങ്ങനെ സ്വർഗസുഖത്തെ കളയും കാരണം മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗീയമായ സുഖത്തെ അനുഭവിക്കാൻ പറ്റും അവർക്കെങ്ങനെ വൈരാഗ്യം ഉണ്ടാവും വൈരാഗ്യത്തിന് ശേഷം സംഗ്രഹാരം വ്യാഖ്യാനിക്കുന്നത് എന്താണ് സന്യാസത്തിന് ശേഷം ധർമ്മവിചാരം ചെയ്താണ് ഈ സന്യാസം എന്ന് പറയുന്നത് എന്താണ് മുഖ്യമായിട്ടും ഈ വൈദിക കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് ഈ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുക വൈദിക കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ പെണ്ണുകെട്ടാതെ ജീവിക്കുന്നു സന്യാസും രണ്ടും തമ്മിലെന്താ ബന്ധം സന്യാസും പെണ്ണുകെട്ടാതെ ജീവിക്കുന്നു എന്ന് പറയുന്നത് വൈദിക കർമ്മങ്ങൾ ഉപേക്ഷിക്കാന്ന് പറയുന്ന തമ്മിൽ എന്താ ബന്ധം ആ വൈദിക കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാര്യ വേണം അതാണ് ഒരാൾ വേദാധ്യയനം കഴിഞ്ഞ് ബ്രഹ്മചര്യം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് എന്നുവെച്ചാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗുരുകുലത്തിൽ നിന്നു വീട്ടിലേക്ക് പോയിട്ട് ആദ്യം ചെയ്യുന്ന എന്താണ് പെണ്ണ് കെട്ടുക പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ഭാഗമാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് അയാൾ സ്വർഗത്ത് ശങ്കരായർ പോലും വൈരാഗ്യം വേണമെന്നാണ് ഈ ഒരു സുഖത്തിൽ വേണ്ട എല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ പിന്നെ അയാൾക്ക് സ്വർഗത്ത് പോകേണ്ട ആവശ്യമില്ല വൈദ്യ കർമ്മം ചെയ്യണ്ട പെണ്ണും കെട്ടേണ്ട അങ്ങനെയാണ് സന്യാസം പെണ്ണും കെട്ടില്ലാത്ത സന്യാസം വന്ന് അവിവാഹിതനായി ജീവിക്കുന്നത് സന്യാസത്തിൽ വന്ന അങ്ങനെയാണ് തഥാച്ച അക്ഷയം ഹവൈ ചാതുർമാസിതി അധർവശിരോപനിഷ്ടത്തി പറഞ്ഞു ചാതുർമാസാജന ചാതുർമാസ്യ യാഗം ചെയ്യുന്നവര് അക്ഷയം ഒരിക്കലും നശിക്കാത്ത ഇതൊക്കെ വേദമാണ് വേദം കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും ഉറപ്പായിട്ടും അവര് യാഗം ചെയ്യും യാഗം ചെയ്യാൻ വേണ്ടി അവർ പെണ്ണുകെട്ടും യാഗം ചെയ്യും മരണശേഷം സ്വർഗത്ത് പോകുന്നവര് വിശ്വസിക്കും പിന്നെ ഇവിടെ വൈരാഗ്യം പിന്നെ ആരാ ബ്രഹ്മവിചാരം ചെയ്യുന്നു പൂർവക്ഷണം അപ്പോ ഇപ്പൊ ഈ രണ്ട് മന്ത്രവും പറഞ്ഞിരിക്കുന്ന എന്തു സ്വർഗസുഖം നിത്യമാണെന്ന് പറഞ്ഞു ഇതൊക്കെ പഴയകാലത്തെ വൈദിക ബ്രാഹ്മണന്മാരാണ് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് സ്വർഗത്ത് പോകണമോ കർമ്മം ചെയ്യണമോ വിവാഹം കഴിക്കണമോ ഇതെല്ലാം അവരാണ് വേദത്തെ പരിപാലിക്കുന്നവർ വേദവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ചിന്തയല്ല അപ്പോ വേദത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് വ്യത്യസുഖമാണ് സ്വർഗമെന്ന് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ അതിനുവേണ്ടി പരിശ്രമിക്കുകയല്ലോ അവന് വൈരാഗ്യം ഉണ്ടാകത്തില്ല പിന്നെ ബ്രഹ്മവിചാരം എവിടെയെന്നാണ് അപ്പൊ വേദമാണ് ഇവിടെ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് വേദപ്രമാണം നിത്യസുഖമാണ് സ്വർഗം എന്നുള്ളത് അവിടെ പറയുന്നു എന്നാൽ കൃതകത്വ ഹേതുകം വിനാശിത്വ അനുമാനം അത്ര സംഭവം അപ്പൊ അവിടെ ചിലത് പറയുന്നു ആ വേദം പറയുന്നു സ്വർഗം നിത്യമായ സുഖമാണ് സമ്മതിച്ചു പക്ഷെ അനുമാനം നടത്താം എന്താണ് സ്വർഗസുഖം വിനാശി കൃതകത്വ ഘടാധിപത് ഇതാണ് സ്വർഗത്തിന്റെ സുഖം നശിച്ചു പോകുന്നതാണ് അത് കൃതകം എന്ന് വെച്ച അത് നിർമ്മിക്കപ്പെടുന്ന സുഖമായതുകൊണ്ട് അതുപോലെ കുടവും മറ്റും പോലെ കുടവും നിർമ്മിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അത് ഇതാണ് യുക്തി അതുപോലെ മനുഷ്യൻ ഇവിടെ കർമ്മങ്ങൾ ചെയ്ത് സൃഷ്ടിക്കുന്ന സുഖമാണ് സ്വർഗത്തിലെ സുഖം സൃഷ്ടിക്കുന്നതെല്ലാം നശിച്ചു എന്തൊക്കെ മത്സൃപ്പിക്കുന്നു അതിൽ സ്വർഗ്ഗസുഖവും നശിക്കും ഇതറിഞ്ഞിട്ട് ഇങ്ങനെ അനുമാനത്തിലൂടെ ഇതറിഞ്ഞിട്ട് ആൾക്കാർ സ്വർഗത്തിന് താൽപ്പര്യം ഇല്ലാത്തവരായി തീരും അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവർക്ക് വൈരാഗ്യം ഉണ്ടാവും വൈരാഗ്യം ഉണ്ടായാൽ ബ്രഹ്മവിചാരം ചെയ്യും എന്ന് സിദ്ധാന്തി പറയും പൊറോക്ഷി തങ്ങിയിരിക്കില്ല പൊറോഷി പറയുന്ന ആർക്കും വൈരാഗ്യം ഉണ്ടാകത്തില്ല ബ്രഹ്മവിചാരം ചെയ്യത്തില്ല സന്യാസവും ഉണ്ടാകത്തില്ല അതിനൊക്കെയാണ് സിദ്ധാന്തി പറയുന്നത് അങ്ങനെയല്ല അവരെ അനുമാനിക്കും സർഗസ്വം അനിത്യമാണ് ജന്യമാണ് കൃതകമാണ് അത് ഉണ്ടാക്കിയതാണ് യാഗം ചെയ്ത് സമ്പാദിച്ചതാണ് അനിത്യമാണെന്നറിഞ്ഞിട്ട് അവർക്ക് വിരക്തി ഉണ്ടാവും അപ്പോൾ അവർ ബ്രഹ്മവിചാരം ചെയ്യുന്നു അപ്പൊ ഇവിടെ വന്ന് ബ്രഹ്മവിചാരം ചെയ്യണം ഒന്ന് അതിന് സിദ്ധാന്തി പറയുന്ന എന്താണ് വിരക്തി ഉണ്ടായതേ പറ്റൂ ഒരു പക്ഷി പറയുന്ന എന്താണ് വിരക്തി എന്ന് പറയുന്നതേ ഉണ്ടാകത്തില്ല അപ്പൊ പിന്നെ ബ്രഹ്മവിചാരം ഇല്ല ഇതാണ് ഈ ചിഷയം കൂടെ ചർച്ച ചെയ്യുന്നത് അതിനുവേണ്ടി അനുമാനത്തിലൂടെ അറിയും സ്വർഗീയസുഖങ്ങളെല്ലാം അനിത്യമാണ് പറയുന്നു അങ്ങനെ അനുമാനത്തിലൂടെ അറിയും അറിയാം സർഗസ്വാനിത്യം ശരിയാണ് ഈ അനുമാനം എന്ന് പറയുന്നത് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല വ്യക്തിയാണത് എന്തുകൊണ്ട് പറയുന്നു എന്നുവച്ചാ കൃതകത്വ ഹേതുകം വിനാശിത്വ അനുമാനം അത്ര സംഭവം നരശിര കപാല ശൌച അനുമാനവത് ത്തിന് ബലമൊന്നുമില്ല എന്തുകൊണ്ട് ഒരാൾ അനുമാനം ചെയ്യുകയാണ് നരശിരകപാലശുചി പ്രാണ്യങ്കത്വ ശങ്കൊരാൾ അനുമാനം നടത്തുകയാണ് മനുഷ്യ യുക്തി പ്രയോഗിക്കുന്നതാണ് മനുഷ്യന്റെ തലയോട്ടി ഈ പഴയകാലത്ത് ഈ താന്ത്രികന്മാരും മറ്റുമൊക്കെ തലയോട്ടിയൊക്കെ ഉപയോഗിക്കുമല്ലോ പൂജയ്ക്കും മറ്റും കുറച്ചുകൂട്ടർ അതൊക്കെ വെച്ച് പൂജയും മറ്റും ഒക്കെ നടത്തും ശൈവൻ ഭക്ഷാടനത്തിനല്ല വേണ്ടി വന്നാൽ അവരായി വിഷയും കഴിക്കും കപാലികന്മാരൊക്കെ തലയോട്ടിപ്പോ തലയോട്ടി വെച്ചോണ്ടിരിക്കുന്നവരിപ്പയാലും കാശി കാണും അവിടെ ഒരു ചന്ദ്രപ്പാട്ട് കഞ്ചാവ് ഓടിച്ച് കഞ്ചാവാണ് എല്ലാം കഞ്ചാവാണ് ഫുൾ കഞ്ചാവ് ഇവരെ കയ്യിലൊക്കെ തലയോട്ടിയൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ എടുത്ത് കൈവച്ചേക്കും ഈ തലയോട്ടിയും കഞ്ചാവും പ്രാകൃതമായൊരു വേഷവും ദേഹത്ത് ഈ എന്താണോ ചാരം തേച്ച് പിരിച്ചിടകളിൽ ചേരുന്ന രുദ്രാക്ഷവും പഴയകാലത്ത് കവിത എഴുതി അതുപോലെ പാരം ഗോപരസം കലർന്നിഴിയും ആന്തോലും അരഞ്ചാടിയും അതുപോലെ ഇരിക്കുന്നവരുണ്ടോ അവിടെ ഗോസായിമാരെ കുളിച്ചു കൊണ്ടും കവി പറയുന്ന അവരുടെ കണ്ണ് ഇങ്ങനെയുള്ള കോപം ചുവന്ന കണ്ണാണ് തണുമുടി ജട പിടിച്ചിരിക്കും രുദ്രാക്ഷം നിറയിടിക്കും എല്ലുകളൊക്കെ എടുത്ത് കഴുത്തിലിങ്ങനെ കെട്ടിത്തോക്കി പിന്നെ കയ്യിൽ ഇതും കാണും കഞ്ചാവാടി ചിഞ്ചന ഈ ഗ്രാമീണരായിട്ട് ഗ്രാമീണർന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ഈ കൂടുതലും സ്ത്രീകളാണ് ചെന്നങ്ങ് വീഴും ഇവരെ കാണുമ്പം കൽക്കല് വീഴും അവർ ഈ തലവട്ടിക്കകത്തു നിന്ന് പറഞ്ഞപ്പോൾ ഭസ്മ കൊടുത്ത് ഇങ്ങനെ ആക്കി ചിലപ്പോൾ ഊതി കൊടുക്കും ഉടനെ പൈസ കൊടുക്കും പൈസ വാങ്ങിക്കും പൈസ വാങ്ങിച്ച കഞ്ചാവടിക്കും കള്ളം കുടിക്കും ഇതൊക്കെ അവധൂതച്ച ചെയ്യണമെന്ന് പറയും ഞങ്ങളെ ബാധിക്കത്തില്ല രഹസ്യമായിട്ടല്ല എല്ലാം പരസ്യമായിട്ട് തന്നെ ഒന്നും ഞങ്ങളെ ബാധിക്കത്തില്ല അപ്പൊ ആൾക്കാർ അതൊക്കെ വിശ്വസിച്ച് ഇവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പൈസ കൊട്ടപ്പെടും അങ്ങനെ ജീവിക്കുന്നവരിപ്പഴും ഉണ്ട് അപ്പൊ ഇവര് ഇത് കൂടുതൽ ശൈവസമ്പ്രദായ വൈദികന്മാർ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പാണ് വൈദിക ബ്രാഹ്മണൻ അവർക്കിതൊന്നും ഇഷ്ടമില്ല ഇങ്ങനെ കാണിക്കുന്നു അതുകൊണ്ട് ഇവര് പറയുന്ന എന്താണോ നരസിര കപാലം മനുഷ്യന്റെ ഈ തലയോട്ടി ശുചി അത് അശുദ്ധിയൊന്നുമില്ല എന്തുകൊണ്ട് പ്രാണി അംഗത്വം ഒരു പ്രാണിയുടെ അവയവമാണ് ശംഖവത് ശംഖിനെന്തെങ്കിലും അശുദ്ധിയുണ്ടോ അത് പ്രാണിയുടെ അംഗമല്ലേ ശംഖെന്ന് പറയുന്ന ഒരു ജൈവിയുടെ പുറന്തോടല്ലേ അതിനാ അത് അമ്പലത്തിലൊക്കെ ഉപയോഗിക്കല്ലോ പൂജയ്ക്കൊക്കെ അതുപോലെയുള്ള മനുഷ്യന്റെ തലയോട്ടി അപ്പൊ അതിനെന്തിനാ അത് അശുദ്ധി എന്താ അങ്ങനെയൊരു രണ്ട് കാഴ്ചപ്പാട് വരുന്നു ഈ ശൈവന്മാരെ അടുത്ത് ഉപയോഗിക്കും മറ്റവരത് അംഗീകരിക്കും അപ്പൊ അനുമാനത്തിലൂടെ അവർ പറയുന്നത് എന്താണോ ശംഖിന് അശുദ്ധിയില്ലാത്തോണ്ട് മനുഷ്യന്റെ നിലയോട്ടിക്ക് വരാതി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു ആഹാരം കഴിക്കാൻ എല്ലാം ചെയ്യാം അവരങ്ങനെ ചെയ്യുകയും ചെയ്യും അമ്മര് ശവവും തിന്നും എന്നാ പറയുന്നത് ചുട്ട മാംസം ഉണ്ടല്ലോ അവിടെ ദയിപ്പിക്കുന്ന സ്ഥലമാണ് ചുട്ട മാംസം എടുത്ത് കഴിക്കുന്ന എന്ത് മാംസം കിട്ടിയാലും കഴിക്കും മനുഷ്യന്റെ മാംസം കഴിക്കും ബിരിയാണി കൊടുത്താലും കഴിക്കും ബീഫ് കൊടുത്താലും കഴിക്കും ചിക്കൻ കൊടുത്താലും കഴിക്കും അവര് അടിപൊളിയായിട്ട് ജീവിക്കുന്നു അത്രയല്ല അതിനെ ഇവർക്ക് ഒരുപാട് അത്ഭുത ശ്രദ്ധികളുണ്ടെന്നൊക്കെ ഇവരെയെന്ന് അവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിലാണ് ജനങ്ങൾ വീണുപോകുന്നത് പക്ഷെ വൈദികന്മാർ പറയുന്നത് അത് ശരിയല്ല അനുമാനം നിങ്ങൾ പറയുന്നത് ശരിയാണ് പ്രാണിയുടെ അംഗമാണ് ശംഖ് അതിന് ശുദ്ധി ആണ് അതിന് അശുദ്ധിയില്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ തലയോട്ടിയും ശുദ്ധിയാണ് എന്നൊക്കെ പറയാമെങ്കിലും മനുസ്മൃതിയിൽ എന്താ പറയുന്നു മനുസ്മൃതി പറയുന്നത് തലയോട്ടിയെന്നുള്ളതല്ല മനുഷ്യന്റെ അസ്ഥി തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സസ്നേഹം എണ്ണതയിച്ച് സവാസ ോടുകൂടി ജലം ആവശ്യം വെള്ളത്തിൽ മുങ്ങി കുളിക്കണം ഏതെങ്കിലും കാരണവശാല് മനുഷ്യന്റെ അസ്ഥി തൊട്ട് കഴിഞ്ഞ ചത്ത മനുഷ്യന്റെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെയല്ല ചത്ത മനുഷ്യന്റെ അസ്ഥി കഴിഞ്ഞ എണ്ണ തേച്ച് കുളിച്ച് വെള്ളത്തിൽ ഇറങ്ങി ഉടുത്ത തുണിയോടുകൂടി മുങ്ങിക്കുളിച്ച് എന്നാലേ അശുദ്ധി മാറും പറഞ്ഞിരിക്കുന്നു മനുസ്മൃതി ത്തിലൂടെ മനുഷ്യന്റെ തലയോട്ടി ശുദ്ധിയെന്ന് പറഞ്ഞാലും മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന എന്താണോ അത ശ്രദ്ധിക്കുന്ന അതുകൊണ്ടാണോ കുളിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് അനുമാനത്തേക്കാൾ ബലമുള്ള എന്തിനാണോ മനുസ്മൃതി അതുകൊണ്ട് വൈദികന്മാർ പറഞ്ഞു അത് തൊട്ടുകഴിഞ്ഞാൽ കുളിക്കുന്നു ഇവിടെ ഈ രണ്ട് ഉദാഹരണം കൊടുത്തിരിക്കുന്ന എന്തിനാണ് മനുഷ്യന്റെ തലയോട്ടി ശുദ്ധമാണോ അശുദ്ധമാണോന്നൊന്ന് പറയാനൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്താണ് സ്വർഗസുഖം നിത്യമാണ് പക്ഷെ അനുമാനം പറയുന്നു അത് കൃതകമാണ് അതുകൊണ്ട് അനിത്യമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇതിലേതിനാണ് ബലം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ചോദ്യം പറയുന്നു അനുമാനത്തിന് തന്നെ എന്തു പറഞ്ഞാലും ശരി വേദത്തിനാണ് ബലം അനുമാനത്തിൽ വേണമെങ്കിൽ പറയാൻ എന്താണ് എ കൃതകം തത് അനിത്യം യാഗം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന സുഖങ്ങളെല്ലാം അനിത്യമാണെന്ന് പറയണം അനുമാനത്തിലൂടെ പക്ഷെ വേദം എന്താ വില ജീവിക്കുന്നത് നിത്യമാണ് അപ്പോ യാഗത്തിലൂടെ ഉണ്ടാകുന്ന സുഖങ്ങളെല്ലാം നിത്യമാണ് ആ നിത്യസുഖമായതുകൊണ്ട് അതിലാർക്കും വൈരാഗ്യം ഉണ്ടാകത്തില്ല നിങ്ങൾ അനുമാനത്തിലൂടെ അതൊക്കെ അനുസന്ന് സമ്മർദ്ദിച്ചാലും ശരി വേദത്തിൽ നേരിട്ട് അക്ഷയം ഹവത്തെ പറഞ്ഞു ക്ഷയിക്കാത്തതാണ് വേദത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്വർഗസുഖം ക്ഷയിക്കാത്താണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് നിത്യമാണ് നമ്മളെ അനുമാനം കൊണ്ട് അത് അനിത്യം എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല വേദത്തിലാണ് പ്രാമാണികം നമ്മളുടെ സ്വർഗീയ സുഖം നിത്യമായതുകൊണ്ട് ആർക്കും വൈരാഗ്യം ഉണ്ടാകത്തില്ല മനുഷ്യരെല്ലാം അതിൻ്റെ വർഗീയ പോവത്തേ ഉള്ളൂ എന്നാണ് നമ്മുടെ പൂർവക്ഷം പറയുന്നത് സിദ്ധാന്തി പറയുന്നു മനുഷ്യന് വൈരാഗ്യം ഉണ്ടാകാവുന്ന ആളാണ് ഇത് പൂർവക്ഷമാണ് പറഞ്ഞത് അതാണ് നരശിര കപാലശവച അനുമാനവ ആഗമബാധിത സ്വർഗീയസുഖം അനിത്യം എന്ന് പറഞ്ഞാൽ അതിനെ ആഗമം ബാധിക്കുന്നു കാരണം ആഗമം പറയുന്നു നിത്യമാണ് അതുകൊണ്ടെന്താണ് മനുഷ്യൻ സ്വർഗീയസുഖത്തിനു വേണ്ടി പോകും അവരിക്കലും കർമ്മത്തെ ഉപേക്ഷിക്കത്തിൽ അവന് വൈരാഗ്യം ഉണ്ടാകത്തില്ല എന്നാണ് പൂർവക്ഷി പറയുന്നത് തസ്മാത് യഥോക്ത സഹനുസമ്പത്തിക ഭാവാ നാം ബ്രഹ്മജ്ഞാസേതി പ്രാപ്തം അപ്പോൾ പൂർവക്ഷി ഇവിടെ പറയുകയാണ് അതുകൊണ്ട് യഥോക്തസാധന സമ്പത്തിയ ഭവാം നിത്യാനിത്യവസ്തുവേഹം ഇഹാമിത്ര ഫലഭോഗ വിരാഗ ഇതൊന്നും മനുഷ്യനുണ്ടാകത്തില്ല എന്തുകൊണ്ടാവൻ സുഖത്തിന്റെ പറയാ അതുകൊണ്ട് ഇന്ന ബ്രഹ്മജിജ്ഞാസ അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകത്തില്ല വൈരാഗ്യം ഉണ്ടായാലേ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവും അതുണ്ടാകത്തില്ല ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകില്ല എന്ന് കൂടപക്ഷി പറയുമ്പോൾ ഏവം പ്രാപ്തിയാക ഭഗവാൻ സൂത്രപാത ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവാൻ സൂത്രകാരൻ പറയാണ് ഭഗവാൻ സൂത്രകാരൻ എന്ന് പറഞ്ഞാല് പിന്നെ ബാമതികാരൻ ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ സൂത്രകാരൻ എന്നൊക്കെ പറയത്തുള്ളൂ അതായത് ബഹുമാനത്തോളൂ പക്ഷെ ശങ്കരാചാര്യ ഖണ്ടിക്കുകയും ചെയ്യും അത് വേറെ പക്ഷെ അഭിപ്രായം പറയാനുള്ളത് പറയും പല ഭാഗത്തു ശേഷമല്ലേ അതെന്താണിക്കുന്നു കളിക്കാൻ വേണ്ടിയല്ല ഭാഗങ്ങൾ കണ്ടി എല്ലായിടത്തും ഇണ്ട് ചില ഭാഗങ്ങൾ ശങ്കരായ പറഞ്ഞ് പോരാന്നു ഭൂമിയ അത് പറയും അങ്ങനെ ഭൂമിയ കണ്ടനമൊന്നുമല്ല കൂടുതൽ സംഗ്രഹയാ സമർപ്പിക്കേം പ്രാപ്യ ഭഗവാൻ സൂത്രകാര ഭാഷ രണ്ടാമത്തെ അ അതിനെ ഭാഷകാലം പറയുന്നു അതശബ്ദോ ഹേതുർത്ഥോ അതാന്ന് വെച്ചാൽ ഹേതു നടന്നു കാരണം അതായത് ജ്യേഷ്ഠ സമ്പത്തി അനന്തരം അധ ഇക്കാരണത്താൽ ബ്രഹ്മവിചാരം ചെയ്യേണ്ടതാണ് അത ശബ്ദം തന്നെ ചെയ്യുന്നു അഗ്നി കർമ്മങ്ങളുടെ അനിത്യമാണെന്ന് കാണിക്കുന്നത് വേദം തന്നെ പറയുന്നു അതിന് അനുമാനത്തിന്റെ ആവശ്യമില്ല ഇപ്പോൾ ഈ ബ്രഹ്മം ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്ന മുഴുവൻ ചർച്ചകൾ നടക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രത്യേകം മനസ്സിലാവും അല്ലാതെ ശങ്കരായൊരിടത്തും പറയുന്നില്ല എന്താണ് ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് അതുകൊണ്ട് ഇതാണ് എന്റെ ബ്രഹ്മജ്ഞാനം അങ്ങനെ പറയുന്നത് വേദയവ വേദം തന്നെ അഗ്നിഹോത്രാദീനം ശ്രേയസാധന ശ്രേയസ്സിന് സാധനം ആയിരിക്കുന്ന അഗ്നിഹോത്രാദികളുടെ അനിത്യഫലത അതിന്റെ ഫലം അനിത്യമാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് എങ്ങനെ വേദം എവിടെ കാണിക്കുന്നു ഇവിടെ പറഞ്ഞ യഥായ കർമ്മ ചിത്തോ ലോക ക്ഷേത പുണ്യ ചിത്തോ ലോകത്തിൽ അങ്ങനെയാണ് യഥായ പ്രകാരമാണോ ഈ ലോകത്ത് കർമ്മചിതോ ലോക കർമ്മം കൊണ്ട് സമ്പാദിച്ച ലോകം കർമ്മചിത്തോ കർമ്മം കൊണ്ട് സമ്പാദിച്ച ലോകം ക്ഷീതെ അത് പോകുന്നു അപ്പൊ ഈ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷ വാണിജ്യം ഇതെല്ലാം കൊണ്ട് സമ്പാദിക്കുന്ന സ്വത്തും നശിച്ചുപോകുന്നു പണ്ടും ഇന്നും അങ്ങനെ അധ്വാനിച്ചുണ്ടാകുന്ന സ്വത്തൊക്കെ ഇവിടെ നശിച്ചു പോകാം അപ്പോ പ്രപഞ്ചത്തിൽ ഇതിനൊരു വ്യക്തമായ നിയമം പറയാൻ പറ്റൂല അധ്വാനിച്ചുണ്ടാകുന്ന നശിക്കുന്നില്ല പലയിടത്തും അത് നശ അത് കാണുന്നുണ്ടല്ലോ യു കർമ്മിച്ചത്തോ കക്ഷീ ഏ അതുപോലെ തന്നെ അമിത്ര പുണ്യത്തോ ലോകത്തെ പരലോകത്തിൽ അമിത്രാന്നിട്ട പരലോകത്തിൽ പുണ്യം കൊണ്ടുണ്ടായ ലോകം അതായത് സ്വർഗവും മറ്റും പുണ്യിച്ചത് പോലോകം പുണ്യം കൊണ്ടുണ്ടായ ലോകം ഫലം ക്ഷീരത്തെ തഥ ബ്രഹ്മവിജ്ഞാനാവിശയു അത് മാത്രമല്ല മോക്ഷത്തെയും കാണിക്കുന്നുണ്ട് അത് ശ്രുതി തന്നെയാണ് പഴയകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതെല്ലാം ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും തർക്കിക്കുന്നതും എല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നു പറഞ്ഞാ എന്തിനു വേണ്ടിയാണോ മോക്ഷം പറയുന്നൊന്നും ഉണ്ടാ ഏക്ഷം അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഉണ്ടോ ഇല്ല ഒന്ന് നമ്മളെ വിഷുമായിരുന്നു അല്ല ശരീരത്തിൽ ചെലപ്പോ ക്ലാസ് എടുത്താലും എടുത്തിരും കുറയും ബ്രെയിൻ വരക്കിയാണോ അപ്പൊ കൂടുതല് മധുരമായ പടി നീക്കുക ഗ്ലൂക്കോസ് കൂടുതൽ വേണം കുറഞ്ഞിരിക്കുന്നു മനസ്സിലാകുന്നത് ബ്രെയിൻ ഫോഗം ചിന്തിക്കാനുള്ള ശേഷി കുറഞ്ഞു വരും അങ്ങനെയാണ് ബ്രെയിൻ ഫോൺ ചിന്ത അങ്ങനെ പതറി പതറിപ്പതറി പതിരിപ്പൂ ഇപ്പൊ മാറി പെട്ടന്ന് എലർജി ആവും എന്താ കഴിച്ചതെന്ന് അറിയാം പറഞ്ഞാൽ നിങ്ങൾക്കും വേണമെന്ന് നല്ല ചോക്ലേറ്റ് പെട്ടെന്ന് മാറി പെട്ടെന്നാങ്ങ് മാറി ഷോക്കടിച്ച പോലെ എത്ര പെട്ടെന്നാണ് നമ്മുടെ ശരീരത്തില് ഗ്ലൂക്കോസ് ബ്ലഡിൽ കലർന്ന് ആ ഗ്ലൂക്കോസ് ബ്ലഡിൽ കലർന്ന് പെട്ടെന്ന് ബ്രെയിനിലെത്തി പറയുന്ന സമയത്തിനാണ് ഇപ്പൊ ആ ഫോഗറി ും ഉമിനീരിന്റെ വ്യത്യാസം വരും കൂടുതലും അതെനിക്ക് കർഷകർ ടെസ്റ്റ് ചെയ്ത് നോക്കിയാ നോക്കണം വെച്ചോണ്ടിരിക്കരുത് ശരി ടെസ്റ്റ് ചെയ്തിട്ടില്ല ടെസ്റ്റ് ചെയ്ത് നോക്കണ നിന്നാലെ മറിഞ്ഞു വീണു വായപ്പെടുന്നവരെയും പതിവിയൊക്കെ വരും ആൾക്കാർ ആയിരിക്കും അവസ്മാരാണ് ശക്തി ഇത്രയാണെന്ന് ഉടൻ തന്നെ നോങ്ങിനെ ഉള്ളിൽ പോയി ബ്ലഡിൽ കളർന്ന് ബ്രെയിനിൽ പോയി പെട്ടെന്ന് അവന് സമയം വേണ്ട യഥജി ലോകക്ഷ്യത്ുത്ര പുണ്യജി ലോകക്ഷ്യേ യേ അഗ്നിഹോത്രദീന ശ്രേയസാധനം അനിത്യപലതാ ദർശയ സൂത്രത്തില അതിനെ വ്യാഖ്യാനികയാണ് ഭാഷ്യകാരൻ പുറോക്ഷി പറയുന്ന എന്താണ് സ്വർഗസുഖം അതിൽ ആർക്കും താല്പര്യം കുറയത്തില്ല അതുകൊണ്ട് ആർക്കും വൈരാഗ്യം ഉണ്ടാവത്തില്ല ആരും ബ്രഹ്മവ്യാനം ചെയ്യത്തില്ല ഭാഷ്യകാരം പറയുന്ന എന്താണ് അതഹ എന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് ഇതെല്ലാം വ്യാഖ്യാനത്തിലൂടെ എടുക്കും അതഹ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് ഭാഷകാരൻ പറയുന്നത് അതഹ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അതിനാൽ അതുകൊണ്ട് ഇത്രേയുള്ളു വാക്കിനർത്തോളൂ അതുകൊണ്ട് പക്ഷെ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പറയുന്നു വേദം വേദം തന്നെ അഗ്നിഹോത്രാദിനാ ശ്രേയസ് അഗ്നിഹോത്രം തുടങ്ങിയ ശ്രേയസ് ശ്രേയസാധന അനിത്യപലത ശ്രേയസിന് സാധനമായിരിക്കുന്ന അഗ്നിഹോത്രാദികളുടെ ഇവിടെ ശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷം പ്രേയസ് ശ്രേയസിനെ ശ്രേയസ് എന്ന് പറയുന്നു ശ്രേയസ് അതിനാനം അനിത്യഫലതാന്ന് പറഞ്ഞി അതിന്റെ ഫലങ്ങളൊക്കെ അനിത്യമാണെന്ന് ശ്രുതി എന്നെ പറയുന്നുണ്ട് എവിടെ യഥാ യുദ്ധ കർമ്മച്ചതോ ലോകകക്ഷിയതേമേവ് അമുത്ര പുണ്യച്ചു ലോകക്ഷിയതേ ചാന്തൂക്യം എപ്രകാരമാണോ ഇവിടെ ഈ ലോകത്ത് കർമ്മിച്ചതോ ലോകക്ഷിയതേ കർമ്മം കൊണ്ടുണ്ടാക്കിയ ഫലങ്ങളെല്ലാം നശിച്ചു പോകുന്നത് എന്നുവെച്ചാൽ കൃഷിക്ക് വരെക്ഷണിജ്യവന്റെ അതുപോലെ അമുത്ര പരലോകത്തിന് പുണ്യ ചെത്തുവ ലോകക്ഷീത പുണ്യം കൊണ്ടുണ്ടാക്കുന്ന ലോകങ്ങളിലും നിശ്ചിത ഈ ലോകത്തെ ഫലവും പരലോകത്തെ ഫലവും നമ്മളെ വ്യത്യാസം പരലോകത്തെ ഫലമെന്ന് പറയുന്നത് പുണ്യം കൊണ്ട് ഉണ്ടാകുന്നതാണ് അത് വേദത്തിലായാലും ഖുറാനിലായാലും ബൈബിളിലായാലും പരലോകമെന്ന് പറയുന്ന ഇവിടെ ചെയ്യുന്ന സൽപ്രവർത്തികളുടെ ഫലമായി മരിച്ചതിന് ശേഷം ഇഹലോക ഫലം എന്ന് പറയുന്നതോ വാഴ വെച്ചാൽ കൊല കിട്ടും പശുവിനെ വളർത്തിക്കഴിഞ്ഞാൽ പാല് കിട്ടും അതൊക്കെ കർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളാണ് അപ്പൊ ഇവിടത്തെ ഫലങ്ങളെല്ലാം നശിച്ചു നിശ്ചിതമായിരിക്കും ഒരു കൊല കിട്ടും കൊല പഴം തിന്നുകഴിഞ്ഞാൽ തീർന്നു അതുപോലെ തന്നെ പരലോകഫലവും നശിക്കും എന്നാണ് പറയുന്നത് പക്ഷെ നേരത്തെ ശ്രുതി പറഞ്ഞു അക്ഷയം ഹവൈ പരലോകഫലം അക്ഷയമാണ് നശിക്കാത്ത ശ്രുതി പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയും ഒരിടത്ത് പറഞ്ഞു എന്താണ് നേരത്തെ പറഞ്ഞു സ്വർഗഫലംന്ന് പറയുന്നത് നശിക്കുന്ന ഭാഗികാരൻ നേരത്തെ പറഞ്ഞു ഒരിടത്ത് പറയുന്നു നശിക്കുന്നില്ല വേറെ പറയുന്ന നശിക്കുന്നു എന്നിങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നത് പല വേദഭാഗങ്ങളാണ് ഒരു ഭാഗത്തുള്ള ഒരു ഭാഗത്തുള്ള ഈ വേദഭാഗങ്ങൾ ഒരു കൂട്ടർ വേറൊരു ഭാഗത്തുള്ള വേദഭാഗം എന്നു പറഞ്ഞാൽ വേറൊരു കൂട്ടർ പാടുകയാണ് ഒരു പാട്ടുകാരുടെ അഭിപ്രായത്തിൽ എന്താണോ സ്വർഗ്ഗത്തിന്റെ സുഖമൊന്നും നശിക്കത്തില്ല വേറൊരു പാട്ടുകാരെന്താ പറയുന്നത് നശിച്ചു പോകും ഇത് വിഭിന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് രണ്ടു കൂട്ടർ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പരസ്പരവിരുദ്ധമായ ആവശ്യമുണ്ട് ഓരോരുത്തരും അവശ്യമുള്ള എടുക്കും അതുകൊണ്ടാണ് വേദത്തിൽ പല അഭിപ്രായം വന്നത് നമ്മുടെ ഭാഷകാരം എടുക്കുന്ന എന്താണ് പുണ്യജതോ ലോകക്ഷിയതേ പുണ്യുണ്ടാകുന്ന കർമ്മഫലങ്ങളെല്ലാം ഇത്യാദി അത് മാത്രമല്ല ഭാഷയുന്നു തഥാ ബ്രഹ്മവിജ്ഞി ദർശയ ബ്രഹ്മവിജ്ഞാതീ ബ്രഹ്മജ്ഞാനം കൊണ്ട് പരമമായ പുരുഷാർത്ഥം മോക്ഷത്തെയും കാണിക്കുന്നുണ്ട് വേദത്തിൽ എങ്ങനെ ബ്രഹ്മവിധ ആഭിനോതിപരം അതും പറഞ്ഞിരിക്കുന്നു ബ്രഹ്മജ്ഞാനി പരം മോക്ഷത്തെ പ്രാപിക്കുന്നു അപ്പൊ അതിനുവേണ്ടിയല്ലേ പോവേണ്ടത് ഇത്യാദി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു അധശബ്ദത്തിന്റെ അർത്ഥം പറയുന്നു അതഹന രണ്ടു വാക്കിന് അർത്ഥം പറയാണ് എന്തൊക്കെയാണ് ആ പറയുന്നതിന്റെ അർത്ഥം കർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ ഈ ലോകത്തിൽ നശിക്കുന്നതുപോലെ പരലോകത്തിൽ പുണ്യം കൊണ്ടുണ്ടാകുന്ന എല്ലാ സുഖവും നശിക്കും ബ്രഹ്മജ്ഞാനം കൊണ്ട് മോക്ഷത്തെ നേടാം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് തസ്മാ അതുകൊണ്ട് പറയുന്ന എന്താണ് അതെന്ന് പറഞ്ഞ സാധനസമ്പത്തിക്ക് ശേഷം പിന്നെന്ത് ചെയ്യണം അനന്തരം ഭാഷകാരം പറയുന്നു ബ്രഹ്മജിജ്ഞാസ്യ ബ്രഹ്മജിജ്ഞാസ് ചെയ്യേണ്ടാണെന്ന് പറഞ്ഞാൽ കർമ്മഫലം അനിത്യമായതുകൊണ്ടെന്നോട് ചേർത്തോ സാധന ചതുഷ്ടിക്കു ശേഷം കർമ്മഫലങ്ങളെല്ലാം അനിത്യമായതുകൊണ്ട് പരമമായ നിശ്രയ മോക്ഷത്തിനു വേണ്ടി ബ്രഹ്മവിചാരം ചെയ്യേണ്ടതാണ് അർത്ഥം മനസ്സിലായത് സാധനചതുഷ്ഠയ സംബന്ധിക്ക് ശേഷം എന്നുവെച്ചാൽ അഥയുടെ അർത്ഥം അധ എന്നുവച്ച സാധനചതുഷ്ഠേ സംബന്ധിക്ക് ശേഷം അധ എന്ന് പറഞ്ഞാൽ സ്വർഗാദി പരലോകസുഖങ്ങളെല്ലാം അനിത്യമായതുകൊണ്ട് ബ്രഹ്മജ്ഞാനം കൊണ്ടുള്ള മോക്ഷം നിത്യമായതുകൊണ്ടും ചെയ്യേണ്ടതാണ് ഇതാണ് സൂത്രത്തിന്റെ അർത്ഥം ഇത്രയും അർത്ഥം പറയാനാണ് ഇത്രയും അളച്ചുകെട്ടി ഇത്രയും ദിവസം ചർച്ച ചെയ്യുന്നത് ഭാഷ്യത്തിന്റെ ഭാഗം que 3